പരീക്ഷണങ്ങൾ ഉണ്ടാകില്ലെന്ന് അവർ കരുതി അങ്ങനെ അവർ അന്ധരും ബധിരരുമായി മാറി പിന്നീട് അല്ലാഹുസുബഹാനഹൂവ ചായാല അവരെ പൊറത്തുകൊടുത്തു പിന്നീട് അവരിലെ പലരും വീണ്ടും അന്ധരും ബധിരരുമായി മാറി അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബഹാനഹൂവ ചായാല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു